നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളിൽപ്പെട്ട ഒരാൾ വഴി നിങ്ങളിലേക്ക് വന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടോ അത് നിങ്ങളെ താക്കീത് ചെയ്യാനും നിങ്ങൾ സൂക്ഷ്മത പാലിക്കാനും അതുവഴി നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കാനുമാണ്